ഫിർ അവൻ പറഞ്ഞു ഓ സദസ്യരേ ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവത്തെയും ഞാൻ അറിഞ്ഞിട്ടില്ല അതിനാൽ ഹമാൻ നീ എനിക്കായി കളിമണ്ണിൽ തീ ഒരു ഗോപുരം നിർമ്മിക്കുക മുസാലിഹിസലാമിന്റെ ദൈവത്തെ ഞാനൊന്നു നോക്കട്ടെ തീർച്ചയായും അദ്ദേഹം കള്ളന്മാരിൽപ്പെട്ടവനാണെന്ന് ഞാൻ കരുതുന്നു